പറയുക അള്ളാഹു സുബ്രഹാനഹൂപചായാല ഉദ്ദേശിച്ചതല്ലാതെ എനിക്കെൻറെ കാര്യത്തിൽ ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയില്ല എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ധാരാളം നന്മകൾ സമ്പാദിക്കുമായിരുന്നു യാതൊരു ദോഷവും എന്നെ ബാധിക്കുമായിരുന്നില്ല വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പും സന്തോഷവാർത്തയും നൽകുന്ന ഒരാൾ മാത്രമാണ് ഞാൻ